മഹത്വം ഇനിയും പലർക്കും സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ടായിരിക്കാം പല സമയത്തിൻ്റെ കുറവ് മൂലം നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ ഇന്നത്തെ വചനത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവമേഴ്ച്ച വചനത്തിനും ആശ്വാസത്തിനും ധൈര്യത്തിനുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തുടക്കത്തിൽ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും അത് ഇംഗ്ലീഷിൽ നമ്മൾ നല്ല ഒരു പ്രവൃത്തി ദൈവം നമ്മളാരംഭിച്ചു നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ടാക്കില്ല നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് അതേ റോമലഘനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് നമ്മളെ നടത്തുവാനാണ് ദൈവം വിവിധ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെന്നും നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ ഇത് ഒരു നല്ല ആരംഭത്തെ തുടർന്ന് നാം പലപ്പോഴും ഓർക്കുക നാം തന്നെ ഇനി അധ്വാനിച്ചു ദൈവം ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു ഇല്ല തൻ്റെ മഹാകരണയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് പോലെ എന്നോട് കരണ കാണിച്ചു തൻ്റെ മഹാദേയിൽ യോഗ്യതയില്ലാതിരുന്ന് എന്നെ മകനാക്കി വെച്ചു ഇനിയുള്ളതെല്ലാം എൻ്റെ കരങ്ങളിലാണ് എന്നുള്ള മട്ടിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പക്ഷെ അവിടെ ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഫോർ ഐ എം കോൺഫിഡൻറ്റ് ഓഫ് ദിസ് വെരി തിങ് ദീ ഹൂബ് ബി ഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ പെർഫെക്റ്റ് ഇറ്റ് വിൽ പെർഫെക്റ്റ് ഇറ്റ് അൺടിൽ ദി ഡേ ഓഫ് ക്രൈസ്റ്റ് ജീസസ് അതിന് ഏതെങ്കിലും വിധത്തിലങ്ങ് തികച്ച് കഷ്ടപ്പെടുത്തി നിന്നൊരു ആ വിക്ടറി ലൈനൊന്ന് കഷ്ടിച്ച് കടത്തിവിടുകയല്ല മറിച്ച് തികവുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നതും കത്താവാണ് അതിനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മൾ കണ്ടു ഈ നാഗമ്പളം പാലം പഴയ പാലം പൊളിച്ചു നിൽക്കുന്നത് എന്താ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എക്സ് ഒരു എന്താ പറയുക എക്സ്പ്ലോസീവ് ഉപയോഗിച്ച നിയന്ത്രിതമായ ചില പൊട്ടിത്തെറികൾ അതാണിപ്പോഴത്തെ പുതിയ സാങ്കേതികവിദ്യ ഒരു പഴയ ബിൽഡിങ് തകർക്കാനൊക്കെ അത് കൃത്യമായിട്ടറിയാതെ ദോഷം മറ്റാര്ക്കും ദോഷം വരാത്ത രീതിയിൽ ആത്യന്തികമായ കാര്യം ദൈവം ചെയ്തെടുക്കുന്നത് പോലെയാണ് ചില എക്സ്പ്ലോഷൻസൊക്കെ നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്നത് എന്നതാണ് അതേക്കുറിച്ചാണ് നമുക്ക് കേട്ടത് ഞാൻ എൻ്റെ ജീവിതത്തിലും ദൈവം അങ്ങനെ ഒരു പ്രവൃത്തിയിലാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പലപ്പോഴും ആ യാഥാർത്ഥ്യത്തിൻ്റെ മുഖത്ത് നമ്മളത് തിരിച്ചറിയാനൽപ്പം വൈകും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായപ്പോൾ ഞാൻ എനിക്ക് ദൈവം തന്നെ ഒരു വാക്യം ഇതാണ് എനിക്കത് ഒരു സുരക്ഷിതത്തിനായി ദൈവം വചനം എന്നുള്ള നിലയിൽ ഞാൻ കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു വാക്യമാണ് പത്ത് ലേഖനം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത് പത്തൊമ്പതാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം ഫോർ ദിസ് ഫൈൻസ് ഫേവർ and for the sake of conscience towards god a person base bear beset bear, under sorrows with suffering and justly oru karyam kathaavina prasaadam aanu enthaanu enthaanu devathe kurichulla <laughs> patha vaakiyam oruthan devathe kurichulla manobodham nimittam anyayamai kashtavum dukhavum sahichaal athu prasaadam namukku petta namma manasilekku variya idu oraalmiya vishayamaanu നമ്മളൊരു ആത്മീയ സഭയിലിരിക്കുന്ന അല്ലെങ്കിൽ സഭയിലൊരു പെരുമാറ്റമോ ആ നിലയിൽ ആത്മീയകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമായിട്ടാണ് പെട്ടെന്ന് നമ്മൾ നമുക്ക് ഇത് മനസ്സിലേക്ക് വരിക പക്ഷെ ഇന്ന് തുടക്കത്തിൽ ജോജിബദർ പറഞ്ഞ ഉപമകളെല്ലാം നോക്കുക ദാവീദ് ജോസഫ് ഇവരൊക്കെ നമുക്ക് ഇന്ന് മാതൃകകളായി അല്ലെങ്കിൽ നമ്മുടെ ഉത്സാഹത്തിനായിട്ട് ദൈവം ആ സന്ദേശം ബദലിലൂടെ അയച്ചപ്പോൾ അവരൊക്കെ തങ്ങൾക്ക് നേരിട്ട പരീക്ഷകളെ അതിജീവിച്ചത് എങ്ങനെയാണ് തങ്ങളുടെ ശക്തിയിലോ തങ്ങളുടെ നല്ലൊരാഗ്രഹത്തിൽ പോലുമല്ല അവരെല്ലാം ഈ ഒരു വാക്യം എത്രയോ അന്വർത്ഥമാണ് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തമാണ് അല്ലേ പൊന്തിഫറിൻ്റെ ഭവനത്തിലാ പൊന്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പ്രലോഭിപ്പിക്കുമ്പോൾ നമുക്ക് നേരമില്ലാത്ത പറയുന്നില്ല മുപ്പത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ മുപ്പത്തെട്ടിലോ മുപ്പത്തൊമ്പതിലോ അത് നമ്മൾ വായിക്കുന്നു എന്താണ് ഈ ദൈവത്തെ എൻ്റെ ദൈവത്തെ എങ്ങനെ ഞാൻ വേദനിപ്പിക്കും എൻ്റെ ദൈവത്തെ ഞാനെങ്ങനെ ദുഃഖിപ്പിക്കും പ്രിയപ്പെട്ടവരെ ദാവീദിൻ്റെ കാര്യവും നോക്കുക ദാവീദും തന്നെ ഒരു തെറ്റും ചെയ്യാതെ പീഡിപ്പിച്ച് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച സാവോളിൻ്റെ മുമ്പിൽ തനിക്കൊന്ന് രണ്ട് അവസരങ്ങൾ വളരെ നന്നായിട്ട് കിട്ടിയ ആ വസ്ത്രത്തിൻ്റെ വിളമ്പിലിന് ഒക്കെ ദാവീദ് ഗുഹയിൽ വച്ച് സാവോളിൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അദ്ദേഹം പോലും അറിയാതെ ചെയ്തു തനിക്ക് കൊല്ലാമായിരുന്നു അവിടെയും തൻ്റെ കൂടെയുള്ള ആ ജനത്തോട് പറയുന്ന എന്താണ് അവിടെ നമുക്ക് പെട്ടെന്ന് നോക്കാം ആ വാക്യം മാത്രം നോക്കാം നമ്മൾ ശമൂവലിൻ്റെ ഒന്ന് ശമൂവൽ ഇരുപത്തി നാലാം അധ്യായം ആറാം വാക്യം ഇതാ സാവോൾ നിൽക്കുന്നു നമ്മളാണ് എന്തു പറയും ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നു നമുക്ക് വലിയ വീരൻ ഇതാ എൻ്റെ മുമ്പിൽ എൻ്റെ വാളിനിരയാകാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല ഞാനായിരിക്കും അടുത്ത് പക്ഷെ അവിടെ പത്രദോസിൻ്റെ ലേഖനത്തിൽ മുഴുവൻ വായിച്ചതുപോലെ ദാവീദ് അഞ്ചാം വാക്യം മനോഹരമായൊരു കാര്യമാണ് പറയുന്നത് ശൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ച് കളഞ്ഞത് പിന്നത്തേതിൽ ദാവീതിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുറങ്ങി നമുക്ക് ഒന്നും ചെയ്തില്ല കൊല്ലാമായിരുന്നു കൊന്നാലും ലോകപ്രകാരം അത് തെറ്റല്ല പക്ഷേ തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവ മനോ മനോഭാവം എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു അവസരത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദമന്വേഷിക്കുന്ന മനുഷ്യർ അവിടെ പറയുന്നു അവൻ തൻ്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ ജവാനൻ്റെ നേരെ കൈയ്യെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടപെടുത്തരുതേ നോക്ക് ഒരു വേള തൻ്റെ തന്നെയല്ല ഇസ്രയേൽ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയ്ക്കായിട്ട് തനിക്ക് ചെയ്യാമായിരുന്നൊരു കാര്യവും ആ ജനത്തെ താൻ കണ്ടില്ല അവിടെ ദാവീത് കണ്ടത് ദൈവത്തിൻ്റെ മുഖം ദൈവത്തെക്കുറിച്ചുള്ള മനോഭാ മനോബോധം കൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പരീക്ഷ വന്നത് സഭയിലിരിക്കുമ്പോഴല്ല അല്ലെങ്കിൽ ഒരു മൂപ്പന് കിഴലങ്ങുന്ന കാര്യത്തിലല്ല മറിച്ച് ലോകത്തിൻ്റെ എനിക്കേറ്റവും ന്യായമായി ചെയ്യാവുന്നൊരു കാര്യത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു മനസാക്ഷി കുത്തുമുണ്ടാവാതെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുടെ മുമ്പിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നമുക്കു നമുക്കുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ പലപ്പോഴും ലോകത്തിലാണ് പ്രിയപ്പെട്ടവരുടെ പരീക്ഷ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലും ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ഈ സാവൂളുന്ന ഈ രാജാവ് എത്രമാത്രം ദാവി ഇതിനെ എത്രമാത്രം നമുക്ക് ആ കാര്യങ്ങളറിയാം അവിടെ ഒറ്റ കാര്യമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ദൈവപ്രവൃത്തി ആരംഭിച്ചത് ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറയുന്ന ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നാം എപ്പോഴാണ് ഈ ഗോലിയാത്തിനെ സംഹരിച്ച ദാവീദിനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച് ചേർത്ത് നിർത്തിയ ആ ഒരു ശൗലിന് പെട്ടെന്ന് ദാബിതിനുള്ള മനോഭാവം മാറിയത് അവിടെ ഒരു ഒറ്റ വാക്യമാണ് ഇന്ന് നമുക്കത് നമ്മുടെ നമുക്കൊരു വാണിംഗ് ആയിട്ട് എനിക്കിത് തോന്നാറുണ്ട് പതിനെട്ടാം അധ്യായം ഒന്നത്തെ സമൂഹത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഏഴാം വാക്യം നമുക്ക് അവർ ഫിലിസ്ത ഫിലിസ്റ്റിയെ തോൽപ്പിച്ച് വളരെ ആഘോഷത്തോടെ അവർ മടങ്ങിപ്പോവുകയാണ് തങ്ങളുടെ നാട്ടിലേക്ക് അവിടെ ആരൊക്കെയുണ്ട് ശൗലുണ്ട് യുവനാഥനുണ്ട് അവിടെ ദാവീദുണ്ട് ഒന്നിച്ച് പോകുമ്പോൾ ഏഴാം വാക്യം സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ ആയിരത്തേക്കൊന്നു ദാബീദോ പതിനായിരത്തെ പതിനായിരത്തേന്ന് പാടി വളരെ ചെറിയ നിസ്സാരമെന്ന് തോന്നുന്നൊരു വാക്ക് അല്ലേ അവർ സ്വീകരിക്കുക തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ജനത്തെ തങ്ങളെ തന്നെ രക്ഷിച്ച ദാവീദിനെയുമൊക്കെ പ്രശംസിക്കാൻ നല്ല വളരെ നല്ല ഉദ്ദേശത്തോടെ അവർ പാടിയ ഒരു പ്രശംസ നോക്കുക അതേ തുടർന്ന് അപ്പോൾ ശൗലേറ്റവും കോപിച്ചു അതുവരെ ദാവിദിനെ തൻ്റെ എല്ലാത്തിനും അധികാരിയായി അവനെ പടജനത്തിനെ നേതാവാക്കി വെച്ച ഈ സവോൾ എത്ര വേഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യമാണ് മറ്റൊരാൾ നമ്മേക്കാൾ അംഗീകരിക്കപ്പെടുമ്പോൾ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും പെട്ടെന്ന് നമ്മുടെ ഒരു ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാളോ നമ്മളെക്കാൾ ഉയർന്നൊരു മാർക്ക് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അംഗീകാരം നേടുമ്പോൾ പ്രശംസിക്കപ്പെടുമ്പോൾ നാമ ഈ ഒരു സാവൂളിൻ്റെ മനോഭാവം നമ്മുടെ കൃത്യവരുന്നുണ്ടോ ഒരസൂയ പല വലിയ വീഴ്ചകളെയും നമുക്ക് സാവൂളിൻ്റെ വീഴ്ചയുടെ ഒരേ ഒരു കാര്യം തുടക്കം അതായിരുന്നു അതിന് മുമ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം അത് അമലകരമായിട്ടുള്ള ബന്ധത്തിലുമുണ്ട് പക്ഷേ ഇത് നോക്കുക തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദുരാത്മാവ് തന്നിലേക്ക് ആവസിക്കാൻ ഇടയായ ഒരു കാര്യം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും നമ്മളെ മുമ്പിലും ഓരോ ദിവസവും കടന്നു വരാവുന്ന പരീക്ഷയാണ് മറ്റൊരാൾ കൂടുതൽ ഹാ എല്ലാവരും ബഹുമാനിക്കുന്നു എനിക്ക് അർഹിക്കുന്നത് എനിക്കൊക്കെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ കിടന്ന ഒരാളാണ് ഇപ്പം നോക്കുക അവന് അവന് വലിയ ആളായിപ്പോയി എന്നൊരു ചിന്ത ചക്കെ ലോകത്തിലുണ്ടാവും അത് ലോകത്തിൻ്റെ ചിന്തയാണ് അത് ദൈവമക്കളെ ബാധിക്കുക ഒരു അപകടം നോക്കി അതും ബൈബിളിൽ നമുക്ക് ഒരു വാണിംഗ് ആയിട്ട് തന്നിട്ടുണ്ട് നോക്കവിടെ രണ്ട് വ്യക്തികളുണ്ട് അല്ലേ സാവുകളുണ്ട് അവിടെ അവിടെ നോക്കുക അവിടെ യുവനാഥൻ യുവനാഥനുണ്ടാക്കൂടെ യഥാർത്ഥത്തിൽ ഈ ദാവീദൻ്റെ ഉയർച്ചയെ ആരെയാണ് ബാധിക്കേണ്ടത് അപ്പൻ്റെ പിന്തുടർച്ചാവകാശക്കാരനായിരിക്കാനുള്ള വളരെ ന്യായമായ അവകാശത്തെ തകർക്കുന്നൊരു വിജയമാണ് ദാവീദ് അവിടെ നേടിയത് സത്യത്തിൽ ദാവീദിനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവേണ്ടത് ഈ യുവനാഥാനല്ലേ തൻ്റെ സമപ്രായക്കാരൻ ലോകം മുഴുവൻ ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് എല്ലാവരും ഇപ്പം ദാവീദിനെ പ്രിയപ്പെടുന്നു ഞാൻ ആരാ ഞാൻ അതിനു മുമ്പ് ഇതുപോലെ തന്നെ ഈ അമലെ ഈ ഒരു ഫിലിസ്യരെ തോൽപ്പിച്ചിട്ടുള്ള നോക്കുക നമുക്ക് സമയമില്ല എങ്കിപ്പോ പറയാ ഈ ഫിലിസ് ഫിലിസ്യരെ തോൽപ്പിക്കുവാനായിട്ട് താനും ഒരു ആയു ഒരു ആയുധവാഹനും മാത്രമായിട്ട് ഫിലിസ്യ ക്യാമ്പിൽ ദൈവം സംഹാരണം നടത്തുന്നത് തന്നിലൂടെയാണ് താൻ കുറഞ്ഞയാളൊന്നുമല്ല പക്ഷെ അവിടെയും നോക്കുക അവിടെയും താൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചൊരുവനെന്ന നിലയിലാണ് നമ്മൾ ആ കാര്യങ്ങളെ കാണുക അവിടെ ദാവീദ ആ ഗുലിയാത്തിനെ കൊന്നതിനെ തുടർന്ന് നോക്കിയാൽ രണ്ട് രീതിയിലാണ് അവിടെ രണ്ട് സ്വഭാവങ്ങൾ രണ്ട് വ്യക്തികൾ യുവനാഥാൻ്റെ മനസ്സ് പതിനെട്ടാം അധ്യായത്തിന് തുടക്കം പറയുന്നു അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യുവനാഥൻ്റെ മനസ്സ് ദാവീദൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു സത്യത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞു ഞാനിത് ആ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇപ്പോൾ വരെ നമ്മുടെ ഹൃദയത്തിൽ അസൂയയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ചയിൽ ആ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമോ ഉണ്ടായാൽ നാം നമ്മെ നോക്കണം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഉടനെ കൊണ്ടുവരണം നമ്മൾ ഈ ലോകത്തിലാവുമ്പോൾ നമ്മൾ സൂപ്പർ സ്പിരിച്വലായിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കോളേജിൽ മത്സ മത്സര പരീക്ഷകളുടെയൊക്കെ മുമ്പിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട് ഇന്ന് പ്രായമാകുന്നതനുസരിച്ചല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നതനുസരിച്ചാണ് ഇതിലൊക്കെ വിടുതൽ കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു പുതിയ നിയമം ആത്മാവുള്ളൊരുവൻ തൻ്റെ സാധ്യതയെ തുടച്ചു നീക്കിയൊരുവൻ എന്നിട്ട് എന്താ ചെയ്തേ എട്ടാം വാക് നാലാം വാക്യം പറയുന്ന യുവനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കെ ചെയ്യും ദാവിയതിന് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് ഒന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നീ രാജാവാകും അന്ന് എൻ്റെ എന്നെയും എൻ്റെ എൻ്റെ കുടുംബത്തെയും പരിപാലിക്കണം നീ ഞാൻ അടക്കൻ പ്രിയപ്പെട്ടൊരു എത്ര മനോഹരമായൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഇന്ന് ഓർക്കുക ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനു മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പലപ്പോഴും എൻ്റെ സ്വാഭാവികമായ എനിക്കുള്ള നീതിയെപ്പറ്റി എന്നെ ചിന്തിക്കാറുള്ളത് പല കാര്യങ്ങൾ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാനൊരു നിരപരാധി അല്ലെങ്കിൽ എൻ്റെ തന്നെ നീതിയിൽ ഉടച്ച് നിൽക്കാൻ ഇന്നും എനിക്കുള്ള സ്വാഭാവിക താല്പര്യത്തെ ഞാൻ ദൈവവും പാകിയ മുമ്പിൽ ഞാൻ നിൽക്കാൻ ഇവിടെ നോക്കുക തൻ്റെ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞൊരുവൻ്റെ മുമ്പിൽ അവൻ്റെ ഹൃദയം പറ്റിച്ചേർന്ന ഒരു ഒരവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്ന കേട്ടതുപോലെ ആഗ്രഹിച്ച് പ്രവർത്തിക്കാനും ദൈവമല്ലോ തിരുവോണമുണ്ടായി ഇപ്പോൾ സാധിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ദൈവം അത്ഭുതകരമായി ആശ്വാസത്തിൻ്റെ കാലങ്ങൾ അയച്ചു സഹോദരങ്ങൾ പല പ്രാർത്ഥനകളും ഉത്സാഹിക്കുന്ന വചനങ്ങളും ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളുമൊക്കെ ഇന്നും ഞാൻ ഈ ക കടന്നുപോയ സാഹചര്യങ്ങളുടെ മധ്യത്തിലുമൊക്കെ എനിക്ക് ലഭിക്കാൻ ഇടയായി ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു നന്ദി പറയുന്നു ഇന്ന് കേട്ട വചനത്തിൻ്റെ മുമ്പിൽ എന്നെത്തിന് ഒരിക്കൽ കൂടെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം മൂലം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ സ്വയം ഒരു ന്യായത്തിൻ്റെ പീഠത്തിൽ കയറിയിരിക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്വത്തിൻ്റെ വേദന അല്ലെങ്കിൽ ദൈവം എന്ത് പറയുന്നു ഇക്കാര്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഓരോ ദിവസവും ആഗ്രഹിച്ച് മുമ്പോട്ട് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തെ ഒരിക്കൽ കൂടെ ഞാൻ സഭയുടെ മുമ്പാകെ ദൈവത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമുക്ക് ബാധിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം